നിങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുവീൻ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് ഭക്ഷിക്കുവിൻ ഹിത്വത്വൻ എന്ന് പറയുകയും വിനീതരായി പ്രവേശന കവാടത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ പുറത്തുതരും സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൂടുതൽ നൽകുന്നതാണ് എന്ന് അവരോട് പറഞ്ഞപ്പോൾ